സമാഭ്യന്തരഗർ വ്യക്തദ്വൈഭവോ പാഞ്ചജന്യ വഷാവശ്വാദാക്ഷരമാണമി ശുസുന്ദരസിന് ശ്രീരാമി രോഗിമൂർവ്യാസംകാനോത്തമാഖ്യം തദ്വന്ദേ പദോവീതം കഴിഞ്ഞ ദിവസം അഞ്ച് ഉമ്പലത്തെ ക്ലാസ് രണ്ടും ശ്രദ്ധിച്ച് കേട്ടവർക്ക് രണ്ടിനും ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മനസ്സിലാവും മനസിലായിട്ടുണ്ടോ ഉണ്ടോ അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അത് നോട്ട് ചെയ്ത് എന്നോട് പറയുന്നു എന്തൊക്കെയാ വ്യത്യാസം അതായത് മിനയാന്തത്തെ ക്ലാസ്സിലൊന്നുകൊണ്ട് മിസ്റ്റേക്കുകൾ ആ വ്യത്യാസം അത് വരാൻ പാടുള്ളതല്ല പക്ഷെ വന്നുപോയി പറഞ്ഞു വന്നപ്പോൾ അത് സംഗതി തിരിഞ്ഞു പോയതാണ് ഇന്നലെ അത് കറക്റ്റ് ചെയ്തു അപ്പോൾ അത് ആ മിസ്റ്റേക്കുകൾ അവസാന ഭാഗത്താണ് അത് എഡിറ്റ് ചെയ്ത് കളയാന്നുള്ളതേ ഉള്ളു നോട്ട് ചെയ്ത് പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നി അതാണ് ഇന്നലെ ഞാൻ കറക്റ്റ് ചെയ്തു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ടും ഒരുപാട് വിവാഹം ഉള്ളതുകൊണ്ട് അത് കറക്റ്റായി തന്നെ മനസ്സിലാവും പജ്ഞോഹം എന്ന് പറയുന്ന അനുഭവം ആദ്യം അത് ഭാവരൂപാജ്ഞാനത്തിന് പ്രമാണമല്ല അത് അഭാവത്തെയും വിഷയമാക്കാം ഇനി സുഷുപ്തിയിലുഭവരുന്ന സ്മൃതി പണ്ട് മുമ്പോട്ടേനുമ്പോ ഇതിനെ കുറിച്ച് ഇനിയും ചർച്ചകൾ വരരുത് ശരിക്കും ധരിച്ചില്ലെങ്കിൽ കുഴപ്പവും അസ്മൃതി കൊണ്ട് സുഷുപ്തിയിൽ ഭാവരൂപാജ്ഞാനമുണ്ട് എന്ന് അദ്വൈതി പറയുമ്പോൾ താർഗീം പറയുന്നത് അഭാവമാകാം അഭാവമ ഭാവരൂപമാണെന്ന് അദ്വൈതി പറയുന്നു എന്താണ് പരാമർശം എന്താ പരാമർശം എന്നൊക്കെ അപേദിഷം ഇത് ഭാവരൂപജ്ഞാനത്തിന് ഈ സ്മൃതി പരമാണമാണെന്ന് പറയുമ്പം താർക്കികം പറയുന്നു അതിങ്ങനെ അത് അഭാവവുമാകാമല്ലോ അപ്പോ അദ്വൈതി എന്ത് പറഞ്ഞു എന്താ പറഞ്ഞത് അഭാവത്തിന് നിർവികല്പമായ അഭാവത്തിന് ചൈതന്യം നിർവികല് ആ അതെ അഭാവം എന്ന് പറയുന്നത് അവിടെ കേവലം നിർവികല്പകമായ ചൈതന്യമാണല്ലോ അതിനെങ്ങനെ അഭാവത്തെ അറിയാൻ കഴിയും അഭാവം എന്ന് പറയുന്നത് സാപേക്ഷമാണ് പ്രതിയോഗി അനുയോഗി സപേക്ഷമാണ് അപ്പത് സവികല്പജ്ഞാനമേ അതിന്റെ ഉണ്ടാവും നിർവികൽപകമായ ചൈതന്യത്തിന് എങ്ങനെ അതിന്റെ ജ്ഞാനം ഉണ്ടാകും അതിന് താർക്കീൻ മറുപടി പറഞ്ഞു അതിന് നിർവികല് അതിന്റെ നിർവികൽപ്പ്ഞാനം ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോ അഭാവത്തിന്റെ നിർവികൽപ്പ്ഞാനം ഉണ്ടായി അതിന്റെ അതിന്റെ പരാമർശം ഇതാണ് എനിക്ക് എളുപ്പത്തെ പോകുന്നത് കാരണം ഞാൻ ചിലപ്പം പറയും നടത്തുന്നതിന് മുമ്പേ ആയിരിക്കും എന്റെ ചിന്ത അങ്ങനെ ഒരു കുഴപ്പമാണ് ചിന്തയും വാക്കും ഒരേപോലെ തന്നെ പോകുന്നു ഞാൻ പറയുന്ന ഒന്നായിരിക്കും ചിന്തിക്കുന്ന അതിന്റെ മുമ്പോട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറ്റും കാരണം ഈ പറയുന്നതിൽ തന്നെ എന്തെങ്കിലും തകരാറുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ പറയുമ്പോൾ മനസ്സിലാവും നമ്മൾ അതിൻ്റെ മുമ്പോട്ട് ചിന്തിക്കും അപ്പോൾ അങ്ങനെ ആയാലും എങ്ങനെയായിരിക്കും അപ്പോൾ പറയുന്നിടത്തേലോ പുസ്സവ് ഈ പറയുന്നതിലൊക്കെ കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ടാണ് ചിന്തിക്കുന്നങ്ങൾ ചിന്തിച്ചു പോകുന്നതാണ് മലപ്പൂർവം ചിന്തിക്കുന്ന അല്ല അതെന്താണെന്നുള്ള അവസാനം നമ്മൾ പറയും അതാണ് ഈ ചിലയിടത്തും പുസവ് എന്താണ് അഭാവം ഇതിൻ്റെ തമസിന്റെ കാര്യം പറഞ്ഞ അവസാനം പറഞ്ഞു പറഞ്ഞു ഒന്നും അവസാനം വന്നപ്പോ എന്തായി തമസിനെ കുറിച്ച് ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി അവസാനം എന്തായി ഏ അത് തമസ് തമസിനെ ഒരു പദാർത്ഥമായിട്ട് കണക്കാക്കേണ്ടത് ഭാവപദാർത്ഥമായിട്ട് കണക്കാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞു അദ്വൈതികള് ഇതിനെ പാവപദാർത്ഥമായിട്ട് സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്നായിരുന്നു അതിന്റെ ഒരു നിഷ്കർഷം എന്തുകൊണ്ട് അത് ബ്രഹ്മാവ് നേരിട്ട് സൃഷ്ടിക്കുന്നതാണെന്ന് പറയേണ്ടി വരും അല്ല അത് വേറെ കഴിഞ്ഞു തമ്പസിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അവസാനം എന്തായി എന്നുള്ളതാണ് ും അദ്വീതിയോടെ സിദ്ധാന്തത്തെ സ്ഥാപിക്കാൻ കഴിയും എന്നിരിക്കെ അനിവശനീയമായി സ്ഥാപിക്കാൻ അതല്ല അതിന് ദോഷം പറഞ്ഞത് വിട്ടുപോയ ഇത് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവസാനം പറഞ്ഞു നിർത്തിയത് അത് വെറും ബുദ്ധികൊണ്ടുള്ള ഒരു സാമർഥ്യം കാണിക്കില്ലാണെന്ന് പറഞ്ഞു ഏ ആ അത് അതാണ് അതില് രണ്ടു കൂട്ടരനും വരുന്ന ദോഷം താർക്കീനെ സംബന്ധിച്ചിടത്തോളം ആയാലും അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരുടെ അഭിപ്രായവും ശരിയല്ലേ എന്തുകൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ അത് പോയി കഴിഞ്ഞാൽ പിന്നെന്താ ഈ വാദപ്രതിവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ നമ്മുടെ സയൻസ് എന്നൊന്നും പറയാനില്ല നമ്മളത് എന്റെ കാര്യം ഞാൻ സ്കൂളിൽ പഠിച്ചോളൂ ഞാൻ എന്താ സയൻറ്റിസ്റ്റാണ് സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അസംബന്ധമാണ് ചർച്ചകൾ മുഴുവൻ അതുപോലെയുള്ള ചില സാമാന്യ ബുദ്ധി നമ്മുടെ ഉള്ളിലിടങ്ങി കടന്നു വരും കോമൺ സെൻസ് എന്ന് പറയും അപ്പൊ നമ്മൾ ചിന്തിക്കും ഇത് എന്തായി പറയുന്നത് അതിപ്പോ പുറത്ത് പറയാനും പറ്റില്ല കാരണം ഇത് ശാസ്ത്രമാണ് ഇതിനൊന്നും അങ്ങോട്ട് മാറ്റി പറയുന്നത് ശരിയല്ലോ അപ്പോ ചിന്ത വേറെ പോവും വാക്ക് വേറെ പോകും അങ്ങനെ ഒരു ചിലപ്പോൾ അതാണ് ഈ പശവ് വന്നത് അതിപ്പോ പറഞ്ഞാ എല്ലാം കുളമായി അവസാനം കുളമാക്കിയാ തമസ് പോലെ ഇപ്പഴേ പറഞ്ഞെല്ലാം കുളമായി കഴിഞ്ഞാൽ പിന്നെ ഇന്റസ്റ്റ് നഷ്ടപ്പെടും എനിക്ക് കൊറേ നാളും കാലക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് ഈ സ്വാമി പറഞ്ഞ വിഷയമായിട്ട് വളരെയധികം ഈ വാക്കുകള് ണോ ഇവിടെ ചിന്തയാണോ കുറ്റക്കാർ ഏഹ് ശരിക്കും അല്ല ചിന്തയെന്ന് പറയുന്നത് ഇപ്പൊ ഇവരി പറയുന്ന കാര്യങ്ങളിൽ ഓ ഇത് ശരിയല്ലല്ലോ അപ്പോ ഇതിനെന്ത് സമാധാനമെന്നും മുമ്പോട്ട് ചിന്തിക്കും ആ ചിന്തിക്കുന്ന പറയാൻ പറ്റില്ല ഇപ്പൊ പറയുന്നത് പഴയ തന്നെയായിരിക്കും അപ്പൊ ചിന്ത മുമ്പോട്ട് കടന്നു ശരിയാണ് അങ്ങനെ ചിന്തിക്കാനൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല ചിന്തിക്കുന്നതും പറയുന്ന ഒന്നായിരിക്കും തകരാറെന്ന് പറയാൻ പറ്റില്ല ചിന്തയ്ക്ക് സ്വാതന്ത്ര്യം ഈ പറയുന്നില്ല ഒരു പെസകുണ്ടാ ചിന്ത എന്താ ചിന്തിച്ചുകൂടെ ഇതൊരേ സമയത്ത് നടക്കുമ്പോ ഒരേ സമയത്ത് നടക്കുമ്പോൾ പെസങ് വരും ചെലപ്പോ ഞാൻ പറയുന്നതിന് പെസു വരുന്ന അതാണ് വചസ് മേൽപോട്ട് പകർന്നിരുന്നു മനസ്സു താഴെ എനിക്കത് അപ്പോ അപ്പൊ നിങ്ങള് പറയുമ്പോഴായിരിക്കും ഞാൻ പിന്നെ വിഷയത്തിലേക്ക് വരുന്നു അത് അങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്നത് ആ അപ്പോഴോ ശരിയാണ് ഞാനിവിടെ പോയതെന്റെ മനസ്സ് അധികത്തിന് പെശു കാണുന്നോണ്ടാണ് നമ്മള് കാണുന്നത് ശരിയായിരിക്കണമെന്നില്ല പക്ഷെ നമ്മൾ കാണുന്നു അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനഅാവം എന്ന് മനസ്സിലാക്കിയാലും ആ ജ്ഞാനാഭാവത്തെ അവിടുത്തെ നിർവികൽപകമായ സാക്ഷിചേതനെ ഗ്രഹിച്ചിട്ട് ജാഗ്രത സ്മരിക്കാം അതുകൊണ്ട് ഭാവരൂപമായ അജ്ഞാനത്തെ ഗ്രഹിച്ചിട്ട് സ്മരിക്കുന്നു എന്ന് പറയുന്നത് അന്യതാസിദ്ധമായി താർക്കീയം പറയുന്നു അതുകൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അത് ഈ താർക്കികനോട് ഈ കോട്ടെ ഞങ്ങളുടെ അജ്ഞാനത്ത് വിടുക നിങ്ങക്ക് എങ്ങനെയാണ് ഈ അജ്ഞാനത്തിന്റെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാ അറിയുന്നു സുഷു അജ്ഞാനം ഉണ്ടെന്നുള്ളത് സുഷു ക്ഷല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നു സിദ്ധാന്തം വരുമ്പോഴല്ലേ അദ്വൈതി ആരാ ജയിച്ചതോട്ടോന്ന് പറയും ഈ ഗ്രന്ഥത്തിൽ അദ്വൈതി പരാജയപ്പെടുന്നു നല്ല കാര്യം അതിന് ഉത്തരം അന്യസിദ്ധം പറഞ്ഞു താർക്കിയും പറഞ്ഞു താർക്കിന് പറയാനോ നിങ്ങളുടെ വാദം അന്യതാസിദ്ധമായി അഭാവത്തെയാണ് നിങ്ങൾ സ്മരിക്കുന്നത് അഭാവത്തിൻ്റെ അനുഭവമാണ് നിങ്ങൾക്കുണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ അല്ല ഞങ്ങൾ ഭാവത്തെയാണ് സ്മരിക്കുന്നതെന്ന് പറഞ്ഞത് അന്യദാസത്വമായി അപ്പോൾ അദ്വൈതി അങ്ങോട്ട് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ സുഷ്ടത്തിയിലെ ജ്ഞാനാഭാവം അല്ലെങ്കിൽ സുഷ്ടെ അജ്ഞാനം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കാണും പറയുന്നു സുഷ്ടിയിലെ അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനാഭാവമാണ് നിങ്ങൾ പറയുന്നതുപോലെ അതിനെ അവിടെ അനുഭവിക്കുന്നില്ല ജാഗ്രത സ്മരിക്കുന്നുമില്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഇവിടെയാണ് ഞാൻ പിസക് വരുത്തിയത് പറയുന്നു അബുദ് പറയുന്നത് ശരിയല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് അങ്ങനെയാണ് പ്രശ്നം വരുന്നത് അപ്പോ താക്കിയം പറയുന്നു അവിടെ കാരണം അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെ പോകും സമാധാനത്തിലേക്ക് ഈ ഭാഷത്തിൽ പറയുന്ന ആശയങ്ങളിലേക്ക് പോകും ഭാഷയത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പോകും ഭാഷത്തിൽ ഭാഷകാര ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വീണ്ടും പറയുന്നുണ്ടല്ലോ എന്നൊരു മനഃപ്രയാസം വരും മനഃപ്രയാസം വന്ന എല്ലാം പോയി പറയുന്നത് ശരി അപ്പൊ സുഹൃത്തിയിലെ അജ്ഞാനത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും താർഗം പറയുന്നു സുഹൃത്തിയിൽ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാനാഭാവം അവിടെ അതിന്റെ അനുഭവം എന്തുകൊണ്ടില്ല ഞങ്ങളുടെ മനസ്സ് ഒരീതനാടിയിലാണ് ഒരു ജ്ഞാനവും പിന്നെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി സുഹൃത്തിൽ ജ്ഞാനാഭാവം ജാഗ്രത്തിൽ എന്ന അനുമാനിച്ചു അതാണ് ശരി ജാഗ്രത അനുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തിയിൽ ഒരു ജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആത്മാവിന്റെ ജ്ഞാനവും ഇല്ല അല്ലേ ആത്മാവിന്റെ ജ്ഞാനം ഇല്ലെങ്കിൽ നിങ്ങൾ സുഷുയിലെ ആത്മാവിൽ ജ്ഞാനമില്ലെന്നാ പറയും അല്ലേ അപ്പൊ സുഷുതിയിലെ ആത്മാവിൽ ജ്ഞാനമില്ലെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് സുഷുതിയിലെ ആത്മാവിനെ കുറിച്ച് അറിവുണ്ടാവണം അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ അവിടെ ഇല്ലെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് പർവ്വതത്തെക്കുറിച്ച് ഒരു അറിവുണ്ടായാൽ പർവ്വതത്തിൽ ഭന്യുണ്ടെന്ന് അനുമാനിക്കാൻ പറ്റും സുഴുത്തിയിലെ ആത്മാവെന്ന് പറയുന്നത് ദ്രവ്യമാണ് ആർക്ക് കറക്കിയാണ് അവിടെ ഞാനും ഇല്ല ഒന്നുമില്ല ഞാനും യാതൊന്നുമില്ല അങ്ങനെയുള്ള ആത്മാവിൽ ഞാനാഭാവം ഉണ്ടെന്ന് അനുമാനിക്കണമെങ്കിൽ ജാഗ്രതയിലിരുന്നതാണ് ആ സുഴുത്തിയിലെ ആത്മാവിനെ കുറിച്ച് അറിവുണ്ടാവും അവിടെ എങ്ങനെയെങ്കിലും അതിനൊരു ഉദാഹരണം പറഞ്ഞു രാവിലെ മുറ്റത്ത് ആന ഇല്ല എന്ന് നിങ്ങൾക്ക് അനുമാനിക്കണമെങ്കിൽ രാവിലത്തെ ആ മുറ്റത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധം വേണം അതാണ് അടുത്ത് പറയുന്നത് എന്താണ് എന്നുവെച്ചാൽ അസിദ്ധേ തത്കാലീനേ ധർമ്മണി ആത്മനി അസിദ്ധമായിരിക്കുന്ന തത്കാലീനമായ ധർമ്മിയായ ആത്മാവ് ീനമായ ധർമ്മീയ ആത്മാവെന്ന് പറയുന്നത് അസിദ്ധ്യെന്ന് പറഞ്ഞാൽ അജ്ഞാതം ഏഹ് അസിദ്ധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജ്ഞാതമാണല്ലോ അതിന്റെ വേറെ ബോധവുമില്ലല്ലോ തന്നെ അജ്ഞാതമായത് കൊണ്ട് അത് സിദ്ധിക്കുന്നില്ല അല്ലാണ്ട് ആത്മാവ് സിദ്ധിക്കുന്നില്ല ആത്മാവേ ഇല്ല എന്നുള്ള അർത്ഥമില്ലേ ഏഹ് സിദ്ധിക്കുന്നില്ല ഇപ്പോ കർക്കീനെ സംബന്ധിച്ച് ആത്മാവ് നിത്യമാണ് അല്ലേ ആത്മാവ് ഒരേ ഒരിക്കലും ഇല്ലാതാകത്തില്ല പക്ഷേ സുഷുപ്തികാലീനമായ ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാവും അതാ പ്രശ്നം അല്ല ആത്മാവ് ഇല്ലാതാകത്തില്ലാതാ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ പറഞ്ഞില്ലേ രാവിലത്തെ മുറ്റത്തെ കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് വെച്ചാൽ രാവിലെ മുറ്റം ഇല്ലെന്നാണോ രാവിലത്തെ മുറ്റുണ്ട് പക്ഷെ നിങ്ങളത് അറിയണം അറിയാതെ നിങ്ങൾക്ക് അവിടെ ആനയുണ്ടെന്ന് അനുമാനിക്കാൻ പറ്റും അതുപോലെ ആത്മാവില്ലാതാകുന്ന പ്രശ്നമേ ഇല്ല അവർക്ക് ചെയ്യണം നിത്യമാണ് അപ്പൊ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് നമ്മളേറ്റവും ഒടുവിൽ പറയും ഇപ്പം ആ പ്രശ്നങ്ങൾ പറയാൻ പോയാൽ ചർച്ച വഴി കഴിഞ്ഞു പോവും നിങ്ങൾ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും നിങ്ങൾ വഴി തെറ്റിക്കാൻ പാടില്ലെന്ന് തത്കാലീനെ ധർമ്മിണി ആത്മനി സൃഷ്ടിക്കാലത്ത് ധർമ്മി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പക്ഷം അനുമാനം നടത്തേണ്ട പക്ഷം പക്ഷമായ ആത്മാവിൽ ജ്ഞാനാഭാവസ്ഥ ഇതാനീമേവ അനുമീയമാനത്വ അസിദ്ധി അവിടെയുള്ള ജ്ഞാനാഭാവം എപ്പോ സൃഷ്ടിയുള്ള ജ്ഞാനാഭാവത്തിൻ്റെ ഇതാനിമേവ ഇതാനി എന്ന് പറഞ്ഞാൽ ഉറങ്ങി എണീറ്റിരിക്കുന്ന ജാഗ്രത്തിൽ ദേവ അനുമീയ ഇതാനിമേവ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അനുമാനിക്കാൻ പറ്റുമോ അവിടെ ആത്മാവിന്റെ കാര്യം തന്നെ സംശയത്തിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് അഭാവത്തിന്റെ കാര്യം അപ്പോ അനുമാനം നടത്തുന്നെങ്കിൽ ജാഗ്രതയിലേ പറ്റും അവിടെ ജ്ഞാനാഭാവമാണ് പറയുന്നത് ഇതാനിമേവ അനുമീയമാനത്വ അസിദ്ധി ഇവിടെ അനുമാനം ചെയ്യാൻ തുടങ്ങി നടക്കത്തില്ല അതിന് കാരണം പറഞ്ഞു എന്താണ് കാരണം പറഞ്ഞത് തത്കാലീനെ അസിദ്ധേ തത്കാലീനെ ധർമ്മിണി ആത്മനി അതാണ് കാരണം ഭേദം തത്കാലീനാത്മ അസിദ്ധമാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ലാന്ന് അറിയാം അതിന് ദൃഷ്ടാന്തമാണ് ഇത് പറയുന്നത് പ്രതിപന്യീ പ്രാതരാധു ധർമ്മിണി സ്വായം സമയേ തത്ര അനുമാനം ഉപലഭ്യതേ ഇതിവാച്യം അതിനൊരുദാഹരണം പറയാണ് രാവിലത്തെ പറമ്പിനെക്കുറിച്ച് ബോധമുള്ളവരാൾക്ക് മാത്രമേ വൈകുന്നേരം പറയാൻ പറ്റൂ രാവിലെയുടെ അങ്ങനുണ്ടായിരുന്നു എന്നുവച്ച പക്ഷത്തെ കുറിച്ച് ബോധമുണ്ടെങ്കിൽ മാത്രമേ സാധ്യത്തെ അനുമാനിക്കാൻ കഴിയൂ രാവിലത്തെ പറമ്പാണ് പക്ഷം സാധിക്കേണ്ടത് അവിടെ ആന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇത് ഇന്ത്യയിൽ വന്ന് പാകത്തിരിഞ്ഞു പോയി ഞാൻ ഒന്ന് പറഞ്ഞതാണ് എന്നുള്ളത് ഒറ്റ വാക്കാണല്ലേ ഒറ്റവാണോ പ്രാതം ീന ചത്തുരം പ്രാതചത്വം അല്ലെങ്കിൽ പിന്നെ രണ്ടാക്കി എന്നുള്ള പ്രാതകാലീന ചത്തുരം മധ്യമോപതലോവി സമാസം പ്രതിപന്നെയ് പ്രാതച്ചുരാതെ അപ്പൊ ഒറ്റപദം അങ്ങനെ ഒറ്റപദം എഴുതുന്നില്ലല്ലോ ഒറ്റപദം എഴുതാൻ ചത്തുരം അതില്ലാതെ സമാസം വരുന്നു എങ്ങനെ സമാസം വരും ശാഖപാർഥിവാധീന സിദ്ധയെ ഉത്തരപഥലോപ്യൂസംഖ്യാനം ശാഖപ്രിയോ പാർത്ഥിവ അതുപോലെ പ്രാതകാലീന ചുര പ്രാതെ പ്രതിപന്നേ ഹി പ്രാതത്വരാതോ പ്രാതച്ചത്വരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ധർമ്മിണി അതാണ് പക്ഷം സ്വയം പിന്നെ ഇടപ്പഴെങ്കിലും ഇപ്പോഴായാലും മതി തത്ര ഗജാഭാവ അനുമാന ഉപലഭ്യത ഗജമാണെങ്കിലും അല്ലെങ്കിൽ ഗജാഭാവമാണെങ്കിലും എന്തായാലും എന്തെങ്കിലും ഒന്ന് അനുമാനിക്കില്ല ഇവിടെ ഇപ്പൊ ഗജാഭാവം പറഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർ സുഷൃതിയില് ജ്ഞാനാഭാവത്തെ അനുമാനിക്കുന്നത് ജാഗ്രത്തിലാണ് അവിടെ സുഷൃത്തിയിൽ ആത്മാവിനെ കുറിച്ച് അറിവ് വേണം അതുകൊണ്ട് കൂടെ എന്ത് പറഞ്ഞു ഗജാഭാവം എന്ത് ഇന്നത് വേണമെന്നില്ല അനുമാനിക്കുന്ന എന്തുവാ ഗജാഭാവ അനുമാനം ഉപലബ്യതേ രാവിലത്തെ മുറ്റിച്ചാല് വൈകുന്നേരം അവിടെ ആന ഇല്ലായിരുന്നു എന്ന് അനുമാനിക്കാൻ പറ്റും വൈകുന്നേരം ഇരുന്നുകൊണ്ട് അനുമാനിക്കുന്നു വൈകുന്നേരം ആന ഇല്ലന്നല്ല അങ്ങനെയാണ് ഹിന്ദി വ്യഖ്യാത എഴുതിയത് രാവിലെ ആനയില്ല വൈകുന്നേരം അനുമാനിക്കുന്നു അത് എന്ന് തലേദിവസം വൈകുന്നേരം അല്ല ഇന്ന് രാവിലെയാണ് ആന ഇല്ലയെന്ന് അനുമാനിക്കുന്നു ഇന്ന് വൈകുന്നേരമായിരിക്കും അതുകൊണ്ട് സുഷുദ്ധി കാലത്ത് ആത്മാവിനെ അറിഞ്ഞാലേ നിങ്ങൾക്ക് അവിടെ ജ്ഞാനമില്ല എന്ന് അനുമാനിക്കാൻ ജാതരത്തിൽ കഴിയത്തുള്ളൂ ഇതിനെ ചാച്യം സംപ്രതിപന്ന ഉദയ അസ്തമയവൽ വിവാദപദയോരപ്പി ഉദയ അസ്തമയോ അന്തരാളകാലം അനുമായ കാലാഖ്യേന ലിംഗേന അനുമിതേ ർമ്മിണി ആത്മനിന്ന് വേണോ എവിടെ ഇത് വാച്ച് വാച്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റ അതായത് ധർമ്മിയെ അറിഞ്ഞാലേ അനുമാനിക്കാൻ പറ്റത്തുള്ളൂ ഈ അടുത്ത് പറഞ്ഞിരിക്കുന്ന വാചകം അവിടെ വ്യക്തമല്ല എവിടെ അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ താഴെ വായിച്ചാലും മനസ്സിലാകും അത് വായിച്ച് മനസ്സിലാകിയില്ലെന്നുണ്ടെങ്കിൽ ഇത് ശരിയാകത്തില്ല യദ്യവി സുഷക്തി സമയേ തത്കാലീനാത്മനോന്ന ജ്ഞാനമസ്തി അത് സമ്മതിക്കുന്നു എന്താണ് സുഹൃത്തിസമയത്ത് തത്കാലീനാത്മാവിന്റെ ജ്ഞാനം താർക്കേനില്ല പറഞ്ഞു ഞാൻ ഒരു ജ്ഞാനം ഉത്തരകാലേ സംഭവത്തിയേവാ തസ്യ ജ്ഞാനം ഉത്തരകാലം എന്ന് പറഞ്ഞാൽ ജാഗ്രതയിലെ അനുമാനത്തിലൂടെ സുഹൃത്തിയിലെ ആത്മാവിനെ അറിയാൻ പറ്റും അത് വിശദീകരിക്കും ഇതാണ് ശ്രദ്ധിക്കേണ്ടത് വ്യക്തമായി മനസ്സിലാക്കിയാല് മനസ്സിലാവും അനിദ്രാണി സംപ്രതിപന്ന ഉദയോ നിദ്രാകൂ പൂർവത്തരമ ഉദയകളത്തേകനുമായ താളത്തേ ഇതരകളവനുമാർമ്മാഭാവാനുമാനമപ്രത്യൂഹം ഈ എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം നീട്ടി എഴുതി എന്ന് വിചാരിച്ചാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണ് ആദ്യം പറയുന്നതായി അനിദ്രാണസ്യാത്തവൻ ഇതൊന്നും മൂലത്തിലല്ല വ്യാഖ്യാതാവാണെന്ന് അനിദ്രാണൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങാത്തവൻ ഉറങ്ങാത്തവന് എന്താണ് സംപ്രതിപന്ന ഉദയാസ്തമയോ അന്തരകാല അനുഭവാ ഞാനിപ്പോൾ ഉറങ്ങാതിരിക്കുന്നു എനിക്കറിയാം ഈ ഉദയത്തിനും ഇന്ന് വൈകുന്നേര അസ്തമയത്തിനും ഇടയ്ക്ക് കാലമുണ്ടെന്ന് അല്ലാർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഉദയാസ്തമയങ്ങൾക്കിടയ്ക്ക് ാലുണ്ടെന്നുള്ളതിന് യാതൊരു തർക്കമില്ല അതാണ് സമ്പ്രതിപന്നമെന്ന് പറഞ്ഞാൽ എന്താണോ വാദിക്കും പ്രതിവാദിക്കും സിദ്ധം പ്രതിപന്നമാണ് എന്ത് പ്രതിപന്നമായിരിക്കുന്നു ഉദയ അസ്തമയോഹോ അന്തരാളകാലം ഉദയത്തിനും അസ്തമയത്തിനും ഇടയ്ക്കുള്ള കാലമാണെന്തോ ഉദയ അസ്തമയോ അന്തരാളോ അതെങ്ങനെ സിദ്ധിച്ചു പ്രത്യക്ഷിരിക്കുന്നത് അന്തരാളകാല അനുഭവം അനുഭവത്തിലൂടെ സത്യ ഉറങ്ങുന്നവന്റെ കഥയാണ് നിദ്രാകാല ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്തുകൊണ്ട് നിദ്രയും കാലം ഉണ്ടോ എന്ന് അനുമാനിക്കാൻ പോവുകയാണ് അത് അനുമാനിക്കുന്നതിന് ഒന്നുമ്പോ നിദ്രാകാലം എന്ന് പറയുന്നത് ശരിയല്ല അത് പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാൻ പോകുന്നു ഉറങ്ങുന്നവനെ സംബന്ധിച്ചാണ് അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നതിന് നിദ്രാകാലം എന്ന് പറയാൻ പാടില്ല അത് നമ്മൾ നിദ്രന്ന് മനസ്സിലാക്കിയാൽ മതി സുഷുതി അതിനെ കുറിച്ച് എന്താ പറയുന്നത് പൂർവ്വ ഉത്തര അസ്തമയ ഉദയകാലയോഹോ ഇവിടെ വളരെ ശ്രദ്ധിച്ചാണ് പ്രയോഗിച്ചിരിക്കുന്നത് അവിടെ ഒരു ചെറിയ നിദ്രാകാലം എന്നുള്ള ഒരു കാലശബ്ദം പ്രയോഗിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ടീകാകാരൻ വളരെ ശ്രദ്ധിച്ചാ പറഞ്ഞു പകലിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഉദയാസ്തമയം ഉറക്കത്തിന്റെ കാര്യം പറയുമ്പോൾ പറയുന്നത് എന്താണോ അസ്തമയ ഉദയം എന്നാണ് എന്നു വെച്ചാൽ ഇവിടെ ഉറക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രി ഉറങ്ങുന്ന ഒരാള് കാര്യം ഉറക്കം പകലായാലും മതി പക്ഷേ ഇവിടെ അതെല്ലാം നമുക്ക് കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഉറക്കമെന്ന് വെച്ചാൽ പൊതുവെ നമുക്കെടുക്കാൻ എന്താണ് അസ്തമിക്കുമ്പോൾ ഉറക്കം തുടങ്ങുന്നു ഉദയത്തിലുറക്കം അവസാനിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്കുള്ള കാലം മനസ്സിലായോ ഇതിനെയാണ് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് കാലമുണ്ടോ ആര് പകല് ഉണർന്നിരിക്കുന്നു ചിന്തിക്കുകയാണ് ഇപ്പൊ കാലമുണ്ട് രാത്രി സൂര്യൻ അസ്തമിച്ച് സൂര്യൻ ഉദിക്കുന്നത് ഒരു ഇതിൻ്റെ ഇടയ്ക്ക് കാലമുണ്ടോ ആർക്ക് ഉറങ്ങുന്നവൻ ഇതാണ് ചിന്തിക്കുന്നത് അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നത് അത് വ്യക്തമായി മനസ്സിലാക്കും ആണ് പറയുന്നത് നിദ്രായഹപൂർവോത്തര അസ്തമയ ഉദയകാലയോഹോ പൂർവം എന്തായി അസ്തമയം ഉത്തരം ഉദയം കാലയോഹോ ഇതാണ് പക്ഷം എന്താണ് നിദ്രായ ഉദയ പൂർവ ഉത്തരമ അസ്തമയ ഉദയ കാലമാണ് പക്ഷം കാലൗ പൂർവ്വത്തിലൊരു കാലം ഉത്തരത്തില് ഒരു കാലം അതിന്റെ മധ്യ മധ്യം പൂർവ്വത്തിൽ എന്താ പൂർവ എന്താണുള്ളത് അസ്തമയം ഉത്തരം എന്താണ് ഉദയം അപ്പൊ പൂർവ ഉ പൂർവ ഉത്തര അസ്തമയ ഉദയ കാലം എന്ന് പറയുമ്പം ഏ മധ്യത്തിൽ വരുന്ന കാലം അല്ലേ ഇവിടെ പറയുന്നത് നിദ്രാകാല പൂർവ ഉത്തര അസ്തമയ ഉദയകാലയോഹോ എന്ന് പറയുന്നു ഇത് പക്ഷമായി പിന്നെ ദൃഷ്ടാന്തം എന്താണ് സമ്പ്രതിപന്ന ഉദയ അസ്തമയോഹോ അന്തരാളകാലം അത് തർക്കമില്ല ഉദയ അസ്തമയോഹോ അന്തരാളകാലം അത് ദൃഷ്ടാന്തം ഉദയത്തിനും അസ്തമയത്തിനും ഇടയ്ക്കുള്ള കാലം അപ്പം അവിടെ വത്ത് ചേർക്കണം ഉദയ അസ്തമയോഹോ അന്തരാളകാലവത്ത് യഥാ ഉദയാസ്തമയോ അന്തരാളകാലം ദുഷ്ടാന്തം പിന്നെ ഹേതു തത്കാല ഹേതു എന്ന് പറയുന്നത് എന്താണ് തത്കാലത്ത് വെച്ച അന്തരാളകാലത്തോന്നർത്ഥം ഹേതു ദൃഷ്ടാന്തം എന്ന് പറയുന്ന കുറവോത്രയോഹോ അന്തരാളകാലം എന്നുവെച്ച രാവിലെ സൂര്യൻ ഉദിച്ച് വൈകുന്നേരം അസ്തമിക്കുന്നതിനിടയ്ക്കുള്ള കാലം അ ദൃഷ്ടാന്തം അതുകൊണ്ട് അതിനോടുകൂടി വത്ത് ചേർന്നു എങ്ങനെ ഉദയ അസ്തമയോരന്തരാളകാല വത്ത് ദൃഷ്ടാന്തവും വളരെ സ്പഷ്ടമാണ് തക്കാലത്തോ അത് അന്തരാളകാലത്വ ഇനി എന്താണ് സാധ്യം ശ്രദ്ധിക്കേണ്ടത് പക്ഷം അല്ലേ ഏഹ് അതെന്ന പക്ഷം പക്ഷം അടുത്ത് പറയാൻ പോകുന്നു എന്താണ് ഏഹ് അത് തന്നെ പക്ഷം അത് തന്നെ അതിനെ വിശദീകരിക്കുകയാണ് നിദ്ര പൂർവ ഉത്തര അസ്തമയ ഉദയ കാലയോ അപ്പോ നിദ്രയ്ക്ക് പൂർവം അസ്തമയം പിന്നീട് നിദ്രക്ക് ശേഷം ഉദയം ഇതിന്റെ ഇടയ്ക്ക് എന്ത് വേണം കാലത്തെ കൊണ്ടുവരണം സമ്പ്രതി പിന്ന കാലവത്ത് താലത്വം അത് ഹേതു നമ്മ പക്ഷം ഹേതു ിഷ്ടാന്തം അപ്പോ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് അന്തരാളകാലമാണ് ശ്രദ്ധിക്കേണ്ടത് അതിന് എവിടെ പറഞ്ഞിരിക്കുന്നു അന്തരക ഹേതുത്വന് അന്തരാളകാലവത്തു അന്തരാളകാലം കൊണ്ടുവരണം അപ്പൊ സാധ്യവുമായി അപ്പോ ആദ്യം പക്ഷത്ത് പറയുക എന്താണ് നിദ്രിഹ പൂർവ ഉത്തര അസ്തമയവും അപ്പൊ ഈ പൂർവ്വ ഉത്തരവെന്ന് പറയുന്നത് എന്താണ് പൂർവ ഉത്തരവെന്ന് പറയുന്നത് പൂർവ ഉത്തര പൂർവ്വ ഉത്തരവെന്ന് പറയുന്നത് ഉദയ അസ്തമയ ഉദയകാലമാണ് വെറും അസ്തമയോദയമല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു അസ്തമയ ഉദയകാലമാണ് പൂർവോത്തരവെന്നു പറയുന്നു അപ്പോ അവിടെ പൂർവ്വത്തിലും വന്നു ഉത്തരത്തിലും വന്നു ഒന്ന് പൂർവ്വകാലവും മറ്റൊന്ന് ഉത്തരകാലവും നമ്മൾ പക്ഷത്തെ പറയുമ്പോൾ ദിവദനത്തിൽ പറയുന്നു എങ്ങനെ നിദ്രായ പൂർവ ഉത്തര അസ്തമയ ഉദയകാലവും രണ്ടെണ്ണം വന്നോ നിദ്രയുടെ പൂർവത്തിലുള്ള അസ്തമയകാലവും നിദ്രയ്ക്ക് ശേഷമുള്ള ഉദയകാലവും പക്ഷ ശരിയായി നിദ്രായ പൂർവ ഉത്തര അസ്തമയ ഉദയകാലവും പക്ഷ ശരിയായി ഇനി സാധ്യം എന്താണ് പറയുന്നത് അന്തരാളകാലവത്വം എന്ന് പറഞ്ഞു അപ്പോ പക്ഷനെണ്ണം വന്നോണ്ട് പക്ഷത്തിൽ ദീപനം വന്നുകൊണ്ട് സാധ്യത്തിനും വരണം അപ്പൊ അന്തരാളകാലവന്തൗ അന്തരാള കാലവന്ത ഹേതുവിനെ പറയണം എന്താണ് തക്കാല ണ്ടോ പിന്നെ ദൃഷ്ടാന്തം എന്താണ് സമ്പ്രതിപന്ന അന്തരാളകാലവത്ത് അത്രയും പറഞ്ഞാൽ മതിപന്ന അന്തരാളകാലവത്ത് ഏ പർവതോ വന്യമാൻ എന്ന് പറയുന്നു പർവ്വത എന്ന് പറഞ്ഞാൽ എന്തു പറയും വന്യമന്ത വിശേഷണമാണ് പക്ഷത്തിന്റെ വിശേഷണമാണ് സാധ്യ എപ്പോഴും പക്ഷത്തിന്റെ ലിംഗവചനങ്ങളെല്ലാം തന്നെ എന്തിലും വരണം പക്ഷവിശേഷണമായി അപ്പൊ ഇവിടെ പക്ഷത്തെ എങ്ങനെ പറഞ്ഞു നിദ്രായ പൂർവോത്തരമയ ഉദയകാലയ്ക്ക് അന്തരാളകാലം വരണം ഏഹ് അപ്പൊ അന്തരാളകാലോ ഇടക്ക് ഈ രണ്ട് കാലത്തിന്റെ ഇടക്ക് വന്നോ അന്തരാളകാലം അന്തരാളകാലോ എന്ന് പറഞ്ഞാ എന്താ കിട്ടുന്നത് അന്തരാളകാലബന്ധുന്ന് പറഞ്ഞാൽ സാധ്യമെന്താണ് അന്തരാളകാല അന്തരാളകാലം അതാദ്യ പഠിച്ചിട്ടുണ്ട് വന്നി മത്തോ എന്ന് പറഞ്ഞി വന്നി അന്തരാളകാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അന്തരാളകാലം അല്ല തത്കാല തത്കാലം എന്ന് പറഞ്ഞാൽ എന്താണ് അന്തരാളകാലം തത്വം കൊണ്ട് അന്തരാളത്തെ എടുക്കണം ഇനി പക്ഷത്തിൽ ഹേതു നോക്കുക ഏ എന്താണ് പക്ഷം എന്താണ് ഉത്തര ഉദയകാലോ അല്ലേ അവിടെ എന്തുകൊണ്ടോ തക്കാലത്തും ഉണ്ടോ അന്തരാളകാലത്തും ഉണ്ടോ ഉണ്ടാ ക പൂർവ ഉത്തര കാലം എന്ന് പറയുമ്പോ അന്തരാളകാലം ഉണ്ടോ ആ പക്ഷത്തിൽ അതുണ്ടോന്നാണ് ചോദിക്കുന്നത് കാലത്തിൽ കാലത്തും തത്കാലത്തും ഉണ്ടോ അത് തത്കാലത്തും എന്ന് പറഞ്ഞപ്പോ ഏത് കാലത്തെ എടുക്കണം അന്തരാളകാലത്തെ എടുക്കണം ഏഹ് ഏ അത് പക്ഷമല്ലേ ദൃഷ്ടാന്തം എന്താണ് അന്തരാളകാലം അവിടെ അന്തരാളകാലത്തും ഇവിടെ എന്തു പൂർവത്തിലും ഉത്തരത്തിലും കാലമുണ്ട് അല്ലേ അപ്പവിടെ പൂർവത്തിൽ കാലമുള്ള കാലത്വുണ്ട് ഉത്തരത്തില് കാലം എന്ന് പറയുമ്പോ അവിടെയും കാലത്വം ഉണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള എന്താണോ അന്തരാളകാലാണ് പിന്നെന്ത് കാലം കാലം ഏയ് പൂർവോത്തരവെന്ന് പറഞ്ഞില്ലേ അത്തരം അങ്ങ് ചേർന്നാണായിരിക്കുന്നു പൂർവ്വോത്തരവെന്ന് പറഞ്ഞില്ലേ അത്തമയും ഉദയവും തമ്മിൽ ഗ്യാപ്പില്ലേ അസമയം ഉദയം തമ്മില് അതറിയല്ലോ ഉറങ്ങുന്ന ഉണർന്നിരിക്കുന്ന ആളല്ലേ അനുമാനം നടത്തും ഉറങ്ങുന്നയാളാണ് ഉണർന്നിരിക്കുന്ന ആളാണ് അനുമാനം നടത്തുന്നത് അയാൾക്ക് ഉദയത്തിനും അസമയത്തിനും ഇടയ്ക്ക് കാലമുണ്ടെന്നേ അറിയുള്ളൂ അസമയത്തിനും ഉദയത്തിനും ഇടയ്ക്ക് കാലമുണ്ടോ അതല്ലേ ദൃഷ്ടാന്തം പറഞ്ഞത് ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എന്താണ് സമ്പ്രതി വന്ന അന്തരാളകാലം ല്ലേരാളകാലം ഉദയാസ്തമയോ അത് തന്നെ അതാണ് ഇവിടെ ഉദയാസ് ഇവിടെ അസ്തമയോദയം എന്ന് പറഞ്ഞു ഉദയ അസ്തമയോഹ അന്തരാളകാലം എന്ന് പറഞ്ഞ അസ്തമയോദയത്തിന്റെ അന്തരാളകാലം ക്ഷത്തിലുണ്ടെന്ന പറയുന്നത് പക്ഷത്തില് ഹേതുണ്ടോന്നുള്ളതിന് തർക്കമില്ലല്ലോ സാധ്യത്തിനെ സംബന്ധിച്ചല്ലേ വിവാദം ഹേതു എന്ന് പറയുന്നത് പക്ഷത്തിലുണ്ട് എന്തുകൊണ്ട് അവിടെ പൂർവ്വത്തിലും ഉത്തരത്തിലും കാലമുണ്ട് ഏ തേ തൽക്കാലത്തേ പിന്നെന്ത് വരും നമുക്ക് താർക്കികന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാലം എന്ന് നിത്യമാണോ ആണോ പൂർവത്തിലും ഉത്തരത്തിനും കാലം ഉണ്ടെങ്കി എവിടെയിരിക്കും ഇരുന്നല്ലേ പറ്റും നിത്യമായ വസ്തു സിദ്ധാന്തം അനുസരിച്ചില്ലേ പറയുന്നു പൂർവ്വോത്തരം അടുത്തടുത്തിരുന്നാലും ഒരു ഒരു എത്ര എത്ര മില്ലിമീറ്റർ വ്യത്യാസം എന്നാ പറയുന്നു ഉദയവും അസമയവും തമ്മില് എത്ര മില്ലിമീറ്റർ പൂർവോത്തരം അപ്പൊ പൂർവ്വോത്തരത്തിൽ കാലം ഉണ്ടെന്നു ഇടയ്ക്ക് ഇരിക്കാതിരിക്കൂട്ടില്ല ഏത് അപ്പൊ ഇടയ്ക്ക് ഗ്യാപ്പാണോ കാലം ഇല്ലാത്ത ഗ്യാപ്പാണോ അപ്പൊ കാലം അനിത്യമാണോ ഗ്യാപ്പില്ലാത്ത പൂർവ്വോത്തരം ഏഹ് പൂർവ്വോത്രം ഉണ്ടെങ്കിൽ അതിന്റെ മേളൊരു പാലം ഇട്ടാ ശരിയാവും കാലമാണ് ഇവിടത്തെ പാലം കാലം നിത്യമായ ഒന്നല്ലേ പൂർവ്വോത്തര കാലം ഉണ്ടെന്ന് പറഞ്ഞാൽ മധ്യത്തിനും കാലം കാണും ഏ നിത്യമായതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരൂ നിത്യമായ കാലത്തിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരൂ ഗ്യാപ്പില്ല ആ ഇല്ല അത് കാലമാണ് പൂർവ്വത്തിന്റെ പൂർവ്വത്തിന്റെ അടുത്തെന്ന് പറയുമ്പോൾ അടുത്തു പറയുന്നത് പൂർവ്വ ഉത്തരവെന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ പറയൂ എന്തുകൊണ്ട് പൂർവമാണ് ഉത്തരവെന്ന് പറയാത്ത് എന്താ പറയാ പൂർവമാണ് ഉത്തരവ് അങ്ങനെയല്ലല്ലോ പറയുന്നത് പൂർവ്വോത്തരവെന്ന് പറയുമ്പോ പൂർവത്തിലും ഉത്തരത്തിനും കാലം ഉണ്ടെന്ന് പറയുമ്പോ എന്താണ് കാലം നിത്യമായതുകൊണ്ട് പൂർവ്വത്തിൽ ഉത്തരത്തിനും കാണണം തന്നെ അത് പൂർവ്വം എന്ന ഉത്തരവെന്ന് പറയുമ്പോൾ എന്ത് വരുന്നു പൂർവോത്തരവെന്ന് പറയുന്നത് ഉദയ അസ്തമയത്തെ കുറിച്ചാണ് പൂർവ്വത്തിലെ അസ്തമയവും ഉദയവും അപ്പൊ ഉദയ അസ്തമയം എന്ന് പറയുമ്പോ എന്ത് വരുന്ന അവിടെ കാലവിശിഷ്ടമായ ഉദയാസ്തമയാണ് ഉദയാസ്തമ കാലത്തോടു കൂടിയ ഉദയാസ്തമയം പൂർവത്തിലും ഉത്തരത്തില് ഇപ്പൊ കാലത്തോടു കൂടി ഉദയാസമയങ്ങളിൽ ജാഗ്രത കാണുന്നുണ്ട് എന്താണ് മധ്യകാലമുണ്ട് അങ്ങനെയാണെങ്കിൽ അതേ യുക്തിയാണ് ഉദയാസമയങ്ങളിൽ കാലമുണ്ടെങ്കിൽ മധ്യകാലത്തും കാലമുണ്ട് അത് ജാഗ്രതയിലനുഭവം അപ്പൊ രാത്രിയിൽ ഉദയാസമയങ്ങളിൽ കാലമുണ്ടെങ്കിൽ മധ്യത്തിനും കാലമുണ്ട് കാലം നിത്യമാണ് പൂർവോത്തരം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് വേണമെങ്കിൽ മധ്യത്തിൽ കുഴിയാണോ കുന്നാണോ എന്ന് ചോദിക്കാം കാലം എന്തിനാട്ടിരിക്കുന്നത് ഏ ഒരു ദിവസം അവനെന്താ എന്നാലും കാലം ഉണ്ടല്ലോ കാലത്തെ സംബന്ധിച്ചോ പറയോ ആ ഉണ്ട് അടുത്ത ദിവസം അടുത്ത ദിവസം ആകുമ്പോഴും മധ്യത്തിൽ കാലം ഉണ്ട് കാലം എന്നാ ഇല്ലാത്തത് ഒരു ദിവസം കഴിഞ്ഞ് തുടങ്ങുമ്പോഴും കാലം ഉണ്ടല്ലോ ഇടയ്ക്ക് പറഞ്ഞാൽ കാലം അല്ലേ പോയത് വേറെന്താ പോയത് ഞാനിപ്പ പറഞ്ഞതുപോലെ പറയും പിന്നെ പറയുന്നു എനിക്ക് വേറെ പണിയുണ്ട് അടുത്ത പണി ബുക്ക് ചെയ്തിരിക്ക